നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ടത് ഏറ്റുവാങ്ങുകയും നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വായകൾ കൊണ്ട് പറയുകയും ചെയ്തു നിങ്ങൾ അതിനു നിസ്സാരമായി കരുതി എന്നാൽ അള്ളാഹു സുബാന ഹുവത്താലായുടെ അടുക്കൽ അത് വലിയ കാര്യമാണ്